നമ്മുടെ സംസ്കൃതത്തില് വ്യാകരണം നോക്കിയാല് പ്രഥമ मध्यमपुरुषन, മധ്യമ പുരുഷൻ ഉത്തമ പുരുഷൻ ഇംഗ്ലീഷില് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇപ്പോ ഇംഗ്ലീഷില് വ്യവഹാരമാണ് ഞാൻ ഫസ്റ്റ് പേഴ്സൺ നീ സെക്കൻഡ് പേഴ്സൺ അയാള് തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ഇസ് ഐ സെക്കൻഡ് പേഴ്സൺ ഇസ് റിലേറ്റീവ് ഓബ്ജെക്ട് ആൻഡ് തേർഡ് പേഴ്സൺ ഇസ് ടോട്ടലി അൺറിലേറ്റഡ് ഒബ്ജെക്ട് ഇതാണ് ഇംഗ്ലീഷ് ഭാഷ സംസ്കൃതത്തില് തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ അയാളൊന്നും ഫസ്റ്റ് പേഴ്സൺ ആശ്ചര്യം നോക്ക ഭാഷയുടെ സംസ്കാരം തന്നെ നോക്കൂ ലോകത്തില് ഇംഗ്ലീഷേ ഫലിക്കുള്ളൂ ബസ്സിൽ പോകുമ്പോ തേർഡ് പേഴ്സൺ കയറിയിട്ട് ഞാൻ ഇരിക്കട്ടെ നോക്കില്ല ഒന്നില് ഞാൻ ഫസ്റ്റ് കയറണം അല്ലെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ ഭാര്യ മുമ്പിൽ കയറിയിരുന്നിട്ട് കയറ്റി വിടാന്നതാണെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ തള്ളി അവരെ കയറ്റിയിരുത്തിയിട്ട് ഞാൻ പോകും അല്ലേ റിലേറ്റഡ് എനിക്ക് കണക്ഷൻ എപ്പോ എനിക്ക് ഒരു കണക്ഷനും ഇല്ലാത്ത ആള് ഫസ്റ്റ് പേഴ്സണും പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻസ് കണക്ഷനും ഉള്ള ആൾക്ക് ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ ഇരിക്കുമ്പോ ഞാൻ തേർഡ് പേഴ്സൺ അല്ല ഉത്തമ ഇതാണ് സംസ്കൃത വ്യാകരണം ഉത്തമപുരുഷന്ന് വെച്ചാൽ നല്ല മനുഷ്യൻ അർത്ഥുണ്ട് അത് മാത്രല്ല ഭഗവാൻ ഗീതയിൽ പറഞ്ഞു എപ്പോ നിങ്ങൾ കംപ്ലീറ്റ് ഒബ്ജെക്ടീവ് അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ സെൽഫ് ഇല്ലാതായി അങ്ങടേക്ക് ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റില് കരുണ വരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ലാതായിട്ട് തീരും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇറ്റ് വിൽ നോട്ട് ബി ദേർ ഉത്തമ പുരുഷസ്മേ ഉദാഹൃതാണ് ഉത്തമപുരുഷൻ എന്ന് പറയണത് പരമാത്മാവായിട്ട് തീരും അപ്പോ ചിത്രത്തിലെ ഈ ഭാവനാമണ്ഡലത്തിനെ പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ ധരിക്കുന്ന ആ ഭാവനാമണ്ഡലത്തിനെ ഉയർന്ന മണ്ഡലത്തിൽ ധരിക്കുകയാണ് അതോടുകൂടെ മനസ്സോടുകൂടെ പ്രാണൻ ഇന്ദ്രിയങ്ങള് അതുകൊണ്ടുള്ള ചേഷ്ട ഒക്കെ തന്നെ അവ്യഭിചാരിണ്യ മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ യോഗം കൊണ്ട് ധരിക്കുന്നു സമാധിയില് ഭക്തിയിലോ ജ്ഞാനത്തിലോ ജ്ഞാനം എന്ന് ആത്മസ്വരൂപജ്ഞാനം ധ്യാനത്തില് അങ്ങനെ ധരിക്കണത് അത് പാർത്ഥ സാത്വികി ബുദ്ധി സാത്വികമാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റിന് അത് അനുകൂലമായിട്ടിരിക്കും ഇനി രണ്ടെണ്ണ ഉണ്ടത് ഇപ്പൊ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ വേണ്ട സാത്വികമായ ബുദ്ധിയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ അത് നമ്മൾ അറിഞ്ഞാൽ മതി സത്വഗുണസമ്പന്നമായ ബുദ്ധി നമുക്ക് വേണ്ടത് അതാണ് മനസ്സിനെയും പ്രാണനെയും ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ക്രിയകൾ മനസ്സിന്റെ സ്ഥൂല രൂപമാണ് പ്രാണൻ പ്രാണന്റെ സൂക്ഷ്മ രൂപമാണ് മനസ്സ് മനസ് ചഞ്ചലമായാൽ പ്രാണൻ ചലിക്കും മനസ്സ് ശാന്തമായാൽ പ്രാണൻ ശാന്തമാകും മനസ്സ് നിശ്ചലമായാൽ പ്രാണൻ വളരെ മന്ദമായിട്ട് തീരും ഋഷികൾ എന്തൊക്കെയാ ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ എന്തൊക്കെയോ ശ്രദ്ധിക്കണം എവിടെയൊക്കെയോ ആണ് ശ്രദ്ധ അവര് അടുത്തുള്ള വസ്തുക്കളിലാണ് ശ്രദ്ധ കൊടുത്തത് പ്രാണൻ ഉള്ളിലേക്കും പുറത്തേക്കും പോണത് ഒരു ഒരു വലിയ വൈഭവം നടക്കണം അല്ലെ ജീവൻ വന്നു ഉള്ളിന്ന് വെടിന്ന് ഈ കാറ്റ് ഉള്ളിൽ ആര് പറഞ്ഞു കൊടുത്തു അതിനെ മരിച്ചു എത്ര വലിയ യോഗിയാ എത്ര പ്രാണായാമം ചെയ്തതാ അടിച്ചു കയറ്റിയാൽ ഉള്ളിൽ കയറില്ലേ കാറ്റ് ഇപ്പൊ നോക്കൂ ഉള്ളിൽ പോണു പുറത്തു വരണു പോണു പുറത്തു വൈദിക സമ്പ്രദായം മുഴുവൻ ഈ പ്രാണനെ വെച്ചോണ്ടാവും സമാപ്തപ്രാണോപാസന ബ്രഹ്മവിദ്യ ആരഭ്യതേ എന്നാണ് ശങ്കരാചാര്യം വൈദിക സംസ്കാരത്തില് എല്ലാ സംസ്കാരങ്ങളും പ്രാണനാണ് ചെയ്യണത് കല്യാണം കഴിക്കുക കുട്ടി ജനിക്കുക ഒക്കെ പ്രാണനു വേണ്ടിയിട്ടാണ് പ്രാണനെ ഉപാസിക്കലാണ് ഈ സംസ്കൃതി മുഴുവൻ ഊണ് കഴിക്കുക പ്രാണനാണ് പ്രാണനാണോ കൊടുക്കുന്നത് ഈ അന്നമെടുത്തിട്ട് ഉപാസിച്ചിട്ട് പ്രാണന് കൊടുക്കി സ്വാഹ ആ ശിവം എന്റെ ഉള്ളില് ഉണ്ടാവട്ടെ എന്നെ വിശപ്പ് ദഹിപ്പിക്കാതിരിക്കട്ടെ ആ പ്രാണന് ഞാൻ ആഹുതി അർപ്പിക്കണം പ്രാണാഗ്നിഹോത്രം എന്ന പേരാണ് അപാന സമാന ഔദാന ഈ ഓരോ പ്രാണൻ ഒരു പ്രാണൻ തന്നെയാണ് എല്ലാമായിട്ട് മാറുന്നത് അപ്പൊ പ്രാണനെ ധരിക്കണു ചിത്തത്തിനെ ധരിക്കുമ്പോൾ പ്രാണനേയും ധരിക്കണു പ്രാണനെ ധരിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇന്ദ്രിയം പ്രാണനാണ് ഇന്ദ്രിയമായിട്ട് മാറണത് ഒറ്റ സാധനമേ ഉള്ളൂ അത് ചലിച്ചപ്പോൾ ചിത്തമായിട്ട് മാറി ചിത്തം പ്രാണനായിട്ട് മാറി പ്രാണൻ സെൻസസ് ആയിട്ട് മാറി കണ്ണിലൂടെ രൂപമായിട്ട് മാറി ചെവിയിലൂടെ ശബ്ദമായിട്ട് മാറി മൂക്കിലെ കൂടെ മണമായിട്ട് മാറി നാവിലൂടെ രുചിയായിട്ട് മാറി അപ്പൊ ഇന്ദ്രിയങ്ങളെ ആദ്യം താളത്തിൽ നിർത്തുമ്പോൾ ധർമ്മം തന്നെ പ്രാണായാമമാണ് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ധർമ്മത്തിന്റെ വരമ്പിന്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയണത് നാച്ചുറൽ ആയിട്ടൊരു പ്രാണായാമമാണ് നമ്മള് പ്രാണനെ നോക്കി മൂക്കുപിടിച്ച് ഉള്ളിൽ കയറ്റി വിടണതുണ്ടല്ലോ ഒരു ബലമായിട്ട് ഹഠമായിട്ടുള്ള പ്രാണായാമമാണ് അതുകൊണ്ടാണ് അതിന് ഹഠയോഗം എന്ന് പേര് മറ്റേത് സ്വാഭാവികമാണ് ശരിക്കും ജീവിച്ചാൽ നിങ്ങൾ പ്രാണായാമമേ ചെയ്യേണ്ട ആവശ്യം ധർമ്മത്തിനനുസരിച്ച് സംസ്കാരത്തിനനുസരിച്ച് ജീവിച്ചാൽ പ്രാണൻ അങ്ങനെ ഒരു താളം പിടിക്കുമുള്ളിൽ പ്രാണനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രാണന്റെ താളം അറിഞ്ഞുകഴിഞ്ഞാൽ ആ പ്രാണൻ പതുക്കെ പതുക്കെ ചിത്തത്തിനെ അന്തർയാമയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും ആ പ്രാണൻ അന്തര്യാമയുടെ അടുത്തേക്ക് ചിത്തത്തിനെ കൂട്ടിക്കൊണ്ടു പോകും അപ്പോ പ്രാണൻ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങള് പതുക്കെ പ്രാണനിലും ചിത്തത്തിലും ചിത്തം ആത്മാവിലും സ്വരൂപത്തിലും ചിത്തിലും ചിത്തം ഹൃദയത്തില് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിലും അങ്ങനെ ഒന്ന് ഒന്നിലും ഒന്ന് ഒന്നിലും അടങ്ങി മനസി പ്രത്മനി എന്ന് ശ്രുതി ഇങ്ങനെ പടിപടിയായിട്ട് പറഞ്ഞു അങ്ങനെ ഒന്നുള്ളില് ഒന്നുള്ളില് ഒന്നുള്ളില് തന്റെ സ്വരൂപത്തിൽ നിർത്തുന്നത് ധാരണ എന്ന് പേര് അതിന് വഴി കാണിച്ചു തരണ ബുദ്ധിയുണ്ടല്ലോ അത് സാത്വികം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ടുകൊള്ളുക ശാന്തമായിട്ട് കേട്ടുകൊള്ളാം ചിലര് പറയും വളരെ നന്നായിരുന്നു കേട്ടോ ഒന്നും മനസ്സിലായില്ല പക്ഷെ നന്നായിരുന്നു ഉള്ളിലിറങ്ങട്ടെ इनप अड़ा भगवा नमुक धृत्याधारे अर्जुन यया धृत्या മാർത്ഥർമാർത്ഥ കാമങ്ങളെ ധാരയ്യത്തെ വിടാതെ അനുഷ്ഠിക്കുന്നു സാധാരണ ലൗകികമായി ധർമ്മം അർത്ഥം കാമം എല്ലാ പുരുഷാർത്ഥങ്ങൾ പ്രസംഗേനെ പ്രബലമായിട്ട് ചെയ്യണം അറ്റാച്ച്മെന്റോടുകൂടെ ഫലാകാംക്ഷി ഇതിന്റെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണം എനിക്ക് ധർമ്മത്തിന്റെ ഫലം കിട്ടണം അർത്ഥം കിട്ടണം അർത്ഥത്തിന്റെ ഫലമായിട്ട് കാമമൊക്കെ അനുഭവിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മോക്ഷം നോക്കാം അതും കൂടെ ആയിക്കോട്ടെ എന്നാണ് അല്ലേ അപ്പോ അതാണ് ഭാഗവതം തുടങ്ങുമ്പോൾ പറഞ്ഞു ധർമ്മത്തിന്റെ ഫലം അർത്ഥമല്ല അർത്ഥത്തിന്റെ ഫലം കാമല്ല ധർമ്മവും അർത്ഥവും കാമവും ധർമ്മത്തിന്റെ വരമ്പിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് ഫലം എന്താണെന്ന് വെച്ചാൽ ചിത്രം ശുദ്ധമായിട്ട് എപ്പോഴെങ്കിലും ഈ ജീവിതത്തില് അറ്റ്ലീസ്റ്റ് ജീവിത സായാഹ്നത്തിലെങ്കിലും ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാവണം അപ്പോ ഇയാള് ശരിക്കു ജീവിച്ചു എന്നർത്ഥം അപ്പൊ അങ്ങനെയല്ലാതെ പ്രബലമായ അറ്റാച്ച്മെന്റോട് കൂടെ ഫലാശയോടു കൂടെ ധൃതിയെ ഉപയോഗിച്ച് ധർമ്മ അർത്ഥ കാമങ്ങൾ സമ്പാദിക്കാം ോസ്തി സദൃശോമയ യക്ഷേ ദാസ്യാമി മോദിഷ്യേ ഇതി അജ്ഞാന വിമോഹിത എന്ന് പറഞ്ഞു ഭഗവാൻ ഞാൻ ആരാ ഞാൻ ആഢ്യനാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പെരുമോ നോക്കൂ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അഭിജനവാനസ്മി എത്ര ആളുകൾ ഒരു കൈ തട്ടിയ വരും എന്നെ പോലെ യാഗം ചെയ്യും യജ്ഞം ചെയ്യും ധാരാളം കൊടുക്കും എല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ചെയ്തത് അത്ര കണ്ട് ഡാം ഡാം ഡാം ഡാം കൊടുക്കും ഒരു ട്യൂബ് ലൈറ്റ് കൊടുത്താൽ പോലും പേരെഴുതി വെക്കും അമ്പലത്തിൽ രാജസിന്ന് ഇനി അടുത്തത് വെറുതെ പരദൂഷണം അധികം പറയണ്ട അത് കൃഷ്ണൻ ചെയ്തോട്ടെ നമുക്ക് എന്തിനാ ഗുരുവായൂരപ്പനോട് നിർത്തി നമ്മൾ നമ്മള് നമ്മൾ ആദ്യത്തെ മാത്രം പറഞ്ഞാൽ അങ്ങനെ പോകാം ൃതിയാ സ്വപ്നം ഭയം ശോകം വിഷാദം ഇത് സൈക്കേട്രിക് കേസ് ഞാൻ അടുത്തത് അയാളുടെ വിൽ പവർ ഒരു സ്ഥലത്തും കണക്റ്റഡ് അല്ല പറഞ്ഞാ മാത്രം ഒന്നും കേൾക്കില്ല ഏ ആ സ്വപ്നം സ്വപ്നം എന്ന് വെച്ചാൽ സുഷുപ്തി അല്ല പക്ഷെ ഇയാൾ ഉറങ്ങും എപ്പോഴും ഉറങ്ങും ഉറങ്ങിക്കൊണ്ടേയിരിക്കും സ്വപ്നം എന്ന വാക്ക് ഭഗവാൻ പ്രയോഗിക്കാൻ കാരണം ഏ സ്വാപം നിട്ടാ മതി നിദ്ര നിട്ടാ മതി അങ്ങനെ ഇട്ടില്ല സ്വപ്നം നിട്ടും എന്താന്ന് വെച്ചാൽ ഉറക്കം കൊണ്ട് ഒരാൾക്ക് കിട്ടേണ്ടത് ഈശ്വരാനുഗ്രഹം െന്ന് പറത് നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു ദിവ്യമായ അനുഭവമാണ് ശരിക്കും പണിയെടുത്ത് ശരിക്കും ജീവിച്ചു കഴിഞ്ഞാൽ ഉറക്കമെന്ന് പറയുന്നതും യോഗികൾ പറയുന്ന സമാധിയും വ്യത്യാസമില്ലാതിരിക്കും സുഷുപ്തി എന്ന് പറയണത് എഴുന്നേറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഫ്രഷായിട്ടിരിക്കും അത് കൊച്ചുകുട്ടികൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ കാണണം സൂര്യനുദിക്കണ പോലെ ഉണ്ടാവും രാവിലെ ശരിക്ക് ഡീപ് സ്ലീപ്പ് എന്ന് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ മനസ്സിനാ ബ്രഹ്മാനുഭവത്തിന്റെ ഒരു പരിമളം മണക്കാൻ കഴിയും അങ്ങനെയല്ല അധികം പേർക്കും അതൊന്നും മനസ്സിലാവണില്ല ഡീപ്പ് സ്ലീപ്പ് സുഷുപ്തി സ്വപ്നമില്ലാത്ത ഉറക്കമെന്ന് പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ പകുതി സ്വപ്നം പകുതി അതായത് നമ്മളുടെ ശരീരത്തില് പല ഡിസോർഡർ ലൈഫാണ് നമ്മൾക്ക് എപ്പോഴോ വരും എപ്പോഴോ ആഹാരം കഴിക്കും എന്തെങ്കിലും കഴിക്കും ആഹാരം കഴിച്ചാൽ ഉടനെ അതിന് മേലെ കിടക്കും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ നല്ല ഉറക്കം വരും ഡീപ്പ് സ്ലീപ്പ് ഒന്നും നമുക്ക് വരൂല്ല അല്ലേ അതുകൊണ്ട് ഉറങ്ങണം നിർബന്ധം പോലും ഇല്ലാതിരിക്കണം ഉറക്കം വരികയാണെങ്കിൽ അത് സുഷുപ്തി ആയിരിക്കണം ജീവിതം ഓർഡറിലാണെങ്കിൽ നല്ല സുഷുപ്തി ഉണ്ടാവും അല്ലെങ്കിൽ സ്വപ്നം എന്ത് സ്വപ്നം എന്ന് വെച്ചാൽ തിന്നണ ഭക്ഷണമൊക്കെ സ്വപ്നമായിട്ട് വരും ഉരുളക്കിഴങ്ങ് ഭൂതമായിട്ട് വരും അത് ഡൈജസ്റ്റ് ആയിട്ടില്ലെങ്കിൽ കടുക് മാങ്ങ പ്രേതമായിട്ട് വരും നാരങ്ങ അച്ചാറ് ഭർത്താവായിട്ടോ ഭാര്യ ആയിട്ടോ ഒക്കെ വരും സ്വപ്നത്തില് ഇത് വരും തമാശ പറഞ്ഞല്ല ഞാൻ ഇതൊക്കെ എരിവും പുളിയും ഒക്കെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ അത് പിന്നെ രാത്രി ചിലർ കൊമ്പും വാലുമുള്ള സാധനങ്ങളൊക്കെ ഉള്ളിൽ കയറ്റിയാൽ സുഷുപ്തി വരില്ല സ്വപ്നം സ്വപ്നം എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസോർഡർ അവരുടെ മുഖം എഴുന്നേറ്റ് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ പ്രസന്നതയും കാണില്ല കുട്ടികൾ എഴുന്നേറ്റ് വരുമ്പോൾ അവര് നമ്മളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ മുഖം നോക്കി കഴിഞ്ഞ് ആ ഓക്കാനും വരും ഛർദിക്കാൻ വരും നമുക്ക് അല്ലേ എന്താന്ന് വെച്ചാൽ അത് ഉള്ളിലുള്ള കുപ്പയൊക്കെ പുറത്തേക്ക് വരികയാണ് അത് രാത്രി മുഴുവൻ ഉദരത്തിലുള്ള നാരായണന് പണിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുപ്പയൊക്കെ കണ്ണിലേക്കും മുഖത്തേക്കും അതാണ് സ്വപ്നം സ്വപ്നം മാത്രമല്ല ഭയം കാരണമില്ലാത്ത ഒരു ഫിയർ കാരണമില്ലാത്ത ഒരു ഒരുപാട് ആളുകൾക്കുള്ള പ്രോബ്ലമാണ് പ്രത്യേകിച്ച് കുറച്ച് വയസ്സായി കഴിഞ്ഞു ആരും നോക്കാനില്ല ഒന്നുമില്ല തനിയായിരിക്കും എന്തോ ഒരു ഡിപ്രഷൻ അതൊക്കെ സൈക്കാട്രിസിനെടുത്ത് പോയി മരുന്ന് കഴിച്ചാൽ ശരിയാവോ ജീവിത ചര്യ ആകമൊത്തം മാറ്റിയിട്ടില്ലെങ്കില് ശരിയാവോ അധികവും ട്രാങ്കുലൈസർ കഴിച്ച് കടന്നുറങ്ങും കുഴപ്പം നിങ്ങളുടെ നാടിയിലും നരമ്പിലും നിങ്ങളുടെ ശരീരത്തിലുള്ള ധാതുക്കളിലും അന്നമയകോശത്തിൽ കുഴപ്പം അത് കഴിഞ്ഞാൽ പ്രാണമയ കോശത്തിൽ കുഴപ്പം ഈ രണ്ട് കോശവും ഓർഡറിലായാൽ മനോമയ കോശം പതുക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഋഷികൾ ഇത് ഋഷികൾ ഇതൊക്കെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ അവര് ജീവിതത്തിന് ഇതുമാത്രമാണ് അവർ ഇതാണ് ബ്രാഹ്മമായ ജീവിതം എന്ന് പറയണത് ഇനിയിപ്പോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യം എന്നൊക്കെ പറയാൻ പോണു ബ്രാഹ്മമായ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ ശ്രദ്ധിക്കും പ്രാണനെ ശ്രദ്ധിക്കും ചിത്തത്തിനെ ശ്രദ്ധിക്കും വിജ്ഞാനത്തിനെ ശ്രദ്ധിക്കും ആത്മാവിനെ ശ്രദ്ധിക്കും ക്ഷാത്രമായ ജീവിതം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടുകാരനോട് വേലി തർക്കത്തിനും പോകും വൈശ്യം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ചക്ക വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കും ശൂദ്രംെന്ന് പറഞ്ഞാൽ എന്ത് എവിടെ കിട്ടും എന്ത് പരിചയമെങ്കിലും ചെയ്തിട്ടെങ്കിലും ജീവിക്കണം എന്ന് താണു പോയത് നമ്മളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഹിതം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു ഉദ്ധനേത് ആത്മാനാത്മാനം എന്ന് പറയുമ്പോ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹിതം ചെയ്യണം ഒരു ഡോക്ടർക്കും ഒരു ഗുരുവിനും ഒരു ശാസ്ത്രത്തിനും ഒരു പൂജാരിക്ക് ഒരു മന്ത്രവാദിക്ക് ഒരു ജോത്സിനും ഒരു മണ്ണാങ്കട്ടയും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് അയാളുടെ ജീവിതം തന്നെ ഉദ്ധരിക്കാൻ വഴി കാണാനില്ലേ പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉദ്ധരിക്കും ഉദ്ധരേത് ആത്മാനാത്മാനം എന്ന് ഭഗവാൻ കരുണയോടെ പറഞ്ഞു അല്ലേ അപ്പൊ എന്താ പതുക്കെ സാധിക്കും ഒരു വയസ്സായി ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും നോക്കാം ഈശ്വരൻ്റെ കരുണ ഉണ്ടല്ലോ വെച്ചുകൊണ്ട് പതുക്കെ ആവ് എന്നത്ര ശാന്തമായിട്ട് ഇരിക്കുക സമാധാനമായിട്ടിരിക്കുക വേണ്ടാത്ത കുപ്പയൊന്നും ഉള്ളില് ഈ ശരീരമെന്ന് പറയണതും ഈ ചിത്തം എന്ന് പറയണതും മുനിസിപ്പാലിറ്റി ഡസ്റ്റ്ബിൻ അല്ല ആവശ്യമുള്ളത് ഭക്ഷിക്കണം രമണ മഹർഷി പറഞ്ഞു ആവശ്യമുള്ളത് ഭക്ഷിക്കണം ഇലയിൽ ഇട്ടത് ക്ലീനായിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഇട്ടിട്ട് കഴിച്ചിട്ട് തീർക്കും വേസ്റ്റ് ചെയ്ത തിരുവണ്ണാമലയിൽ വേറൊരു സ്വാമി ഉണ്ടായിരുന്നു യോഗി രാംസുരത് അദ്ദേഹം ഒരു ദിവസം ഒരു ഭക്തൻ ധാരാളം ഭക്ഷണം ആവശ്യമില്ലാതെ ഒരുപാട് വീണു അതില് അദ്ദേഹം കഴിച്ചു അപ്പോ മുഴുവൻ കഴിക്കാൻ വിഷമിച്ച് വിഷമിച്ച് കഴിക്കാം അപ്പൊ ആ ഭക്തൻ പറഞ്ഞു സ്വാമി ഭഗവാൻ രമണ ഹാസ് ടോൾഡ് ദറ്റ് യു ഹാവ് ടു ടേക്ക് എവെരി ബെറ്റ് അപ്പോ സ്വാമി പറഞ്ഞു ഡോണ്ട് throw it into your stomach, throw it out ഉള്ളിൽ ഇനി അധികമായിട്ടിട്ടാൽ അത് കേടുവരും നീ ആദ്യമേ നനക്ക് വേണ്ടത് മാത്രം എടുക്കണം എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കണം അല്ലാതെ ഇത്രയും ഉണ്ട് അത് മുഴുവൽ ഉള്ളിലുള്ള നാരായണനും ബുദ്ധിമുട്ടാവും ഇതൊക്കെ ഈ ഉത്തമാങ്കം ഹെഡ് ഓഫീസ് ലീവ് ഇടാൻ പാടില്ല അത് പ്രവർത്തിക്കണം എന്നാണ് അവിടെ ഉപയോഗിക്കണം ജീവിതത്തിനെ ബ്രാഹ്മമാക്കി മാറ്റണത് അങ്ങനെയാണ് പ്രാണനെ നോക്കണം മനസ്സിനെ നോക്കണം ഇന്ദ്രിയങ്ങളെ നോക്കണം അപ്പൊ ഭയം ആവശ്യമില്ലാത്ത ഭയം അതുപോലെ ശോകം മൂഡ് ഓഫ് വിഷാദം ഇപ്പൊ While I did know this is every time i've heard about these censories. Sometimes people are confused. This is a Burton cinema for many people. Even if you have any country, listen to things like that. When you can live in free, listen to things likeot. As theνοs, come to relatable. When they have sex... Whether they go andlab. People in politics, learn. Trauma. Pain and grief. അശോക രസം എന്നാണ് അതിന് പറയാ ഇവിടെ നോക്കിയാൽ തന്നെ ഒരുപാട് ശോകരസം ഉണ്ടല്ലേ ശോകം ട്രൗമ വിഷാദം എല്ലാം എപ്പാ അവരെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾക്കത് ബാധിക്കും ജ്ഞാനികൾ എങ്ങനെയാണ് നമ്മൾ സന്നിധിയിൽ ശാന്തി തരും എന്ന് പറയുന്നു അതുപോലെ ഈ വിഷാദാനന്ദ സ്വാമികൾ നിങ്ങളടുത്തു പോയാൽ അവർ വിഷാദം അങ്ങോട്ട് തരും അതുകൊണ്ട് വിഷാദമുള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ലോകോപകാരം എന്താണെന്ന് വെച്ചാൽ റൂമിൽ അടച്ചിരിക്കണം ആർക്കും മുഖം കാണിക്കരുത് മുഖം കാണിച്ചാൽ അത് പടർന്നു പിടിക്കണം വിഷാദത്തിനെ യോഗമാക്കി മാറ്റിയതാണ് അർജുനന്റെ വൈഭവം വിഷാദം ഗീതോപദേശത്തിന് കാരണമായിട്ട് തരുന്നു ശോകം പോയി അർജുനന് വിഷാദം യോഗമായിട്ട് മാറി വിഷാദം ഇതിന്റെ കൂടെ മതം വേണ്ടാത്ത പെരുമ ഞാൻ ഇത്ര വലിയ തറവാട്ടിൽ ജനിച്ചതാണ് അറിയോ ഇവനാർ പറയാ മതമേവച്ഛൻ നവിമുണിച്ചതി ആര് പറഞ്ഞാലും ഇതൊക്കെ പരമ്പര സ്വത്തായിട്ടാണ് ഇവര് വെച്ചുകൊണ്ടിരിക്കുക ഇവിടില്ല എന്നാണ് ദുർമേധ മേധാശക്തി ഇല്ലാത്ത ആള് അയാളുടെ ധൃതി ഇയാൾ ഉപയോഗിക്കുകയില്ല തുരുപ്പിടിച്ചു പോയിരിക്കുന്നു സ താമസീമത അത് തമോ ഗുണമയമാണ് ഇതൊക്കെ തന്നെ ഈ വിഷാദം ശോകം ഇതിനെയൊക്കെ ധർമ്മം പോലെ അയാൾ അനുഷ്ഠിക്കുമെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് കർത്തവ്യൂപതയാറുകന് ന വിമുഞ്ചതി ധാരുധാ കുത്സിതമേധാ പുരുഷ സ താമസീമത യും പറഞ്ഞിട്ട് ഇതിന്റെ ഫലമായ സുഖത്തിനേനി ഭഗവാൻ പറയു ആത്മാവിലുള്ള സുഖം വിഷയത്തിലുള്ള സുഖം രജോ ഗുണം ഒക്കെ ഭഗവാൻ പറയു നോക്കൂ സുഖം ത്വിദാനം ത്രിവിധം അഭ്യാസാദ്രമത്തെ യത്ര ുഖാന്തം ഇവിടെ ഒരു വിഷയം ഭഗവാൻ പറഞ്ഞു സുഖത്തിനെ ഞാൻ പറയാം ഹേ അർജുന നല്ലവണ്ണം കേട്ടുകൊള്ളുക ഈ സുഖത്തില് സത്വഗുണപരമായ സുഖത്തിനെ രണ്ടാമത്തെ പാദത്തിൽ പറഞ്ഞു അഭ്യാസാദരമത്തെ അഭ്യാസം കൊണ്ട് യാതൊരു ൊണ്ട് യാതൊരു സുഖത്തിൽ രമിക്കുകയും ദുഃഖത്തിനെ നിശേഷം ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യുമോ ആ അഭ്യാസജന്യമായ സുഖമുണ്ടല്ലോ അത് വിശിഷ്ടമാണ് ഏതൊന്നും ഫ്രീ ആയിട്ട് കിട്ടണോ അത് നിക്കില്ല ഇതൊരു സീക്രട്ട് നമ്മൾ അവസാനം പഠിക്കും ഫ്രീ ആയിട്ട് കിട്ടണതൊന്നും നിക്കില്ല ഇപ്പോ മഹർഷിയുടെ അടുത്ത് പോലും പലരും ചെന്നിട്ട് ഭഗവാൻ നോക്കി സന്നിധിയിൽ കിട്ടി അതൊന്നും അങ്ങനെ കിട്ടില്ല അതൊരു അനു അനുഗ്രഹം മാത്രമാണ് ആ ഗ്ലിംസ് ആണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തദ്ബുദ്ധയ തദ്ത്മാനഹ തന്നിഷ്ടാഹ തത്പാരായണാഹ അഭ്യാസം കൊണ്ട് അതിൽ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് അത് സ്വായത്തമാക്കണം യു ഹാവ് ടു ഓൺ ഇറ്റ് ബൈ യുവർ എഫേർട്ട് ബിക്കോസ് എഫേർട്ട് ഈസ് ഗ്രേസ് അത് അവസാനം നമ്മൾ അറിയും ഗ്രേസ് കൃപ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ ആകാശത്തുനിന്ന് വീഴുന്നതാണെന്നാണ് ശരിയാണ് വീഴും ഗുരുവിൽ നിന്ന് കിട്ടും ഭഗവാനിൽ നിന്ന് കിട്ടും പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ അത് ഫുൾ ഡിമാൻഡ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കും നിങ്ങളുടെ എഫേർട്ടിനെ ആ കൃപയെ കൃപ എന്ത് തന്നുവോ അതിനെ നിലനിർത്താനായിട്ട് നിങ്ങളുടെ എഫേർട്ടിനെ മുഴുവൻ അത് തിന്നുകളും എന്താണെന്ന് വെച്ചാൽ എഫേർട്ടാണ് ബന്ധം സൂക്ഷിച്ചു കേട്ടോള free will is bondage. സ്വതന്ത്രേച്ഛ എന്ന് പറയുന്നതാണ് ബന്ധം അത് തന്നെയാണ് വിധി എന്ന് പറയുന്നത് ആളുകൾ പറയണത് ഫ്രീ വില്ലാണോ ഡെസ്റ്റിനി ആണോ പൗരുഷമാണോ വിധിയാണോ എന്ന് ചോദിക്കണോ രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പൊ ഇവർക്ക് പാടാനുള്ള ഫ്രീ വില്ലുണ്ട് നമുക്ക് പാടാൻ പറ്റ അവരെ പോലെ പാടുന്നവര് അത് അവരുടെ ഫ്രീ വില്ലാണ് അവർക്ക് പാടാനോ വയലിൻ വായിക്കാനോ മൃതകം വായിക്കാനോ ഉള്ള ഫ്രീ വില്ലുണ്ട് അല്ലേ അത് അവരുടെ ഫ്രീ വില്ലാണോ നമ്മൾ പറയണു അവരുടെ പൗരുഷ അവരുടെ സ്വതന്ത്രമായ ശക്തിയാണ് പ്രതിഭയാണ് അത് തന്നെയാണ് അവരുടെ ഡെസ്റ്റിനി അതിന്റെ ഉള്ളിൽ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും അനുഭവം വരാൻ പോകുന്നത് നല്ലതോ ഗുണമോ ദോഷമോ ഒക്കെ അതിൻ്റെ തന്നെ വരാൻ പോകുന്നു അവരുടെ പ്രകൃതി അതാണ് അവരുടെ അധിഷ്ഠാനം റിസർവോയർ എന്ന് പറയുന്നതിൽ ആ സംഗീതമോ ശാസ്ത്രമോ ഒക്കെ കിടക്കണു അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പലവിധ പ്രതിഭയായിട്ട് പുറത്തേക്ക് വരണു പ്രതിഭയായിട്ട് വന്ന് അതിൽ നിന്ന് റിസൾട്ട് ഈ വ്യക്തി വ്യക്തി ഈ റിസോഴ്സിലേക്കും പ്രതിഭയിലേക്കും അതിന്റെ പ്രകടമായ ബാഹ്യ രൂപത്തിലേക്കും ആ ബാഹ്യ രൂപത്തിനിന്ന് പുറത്തുനിന്ന ആളുകളുടെ രൂപത്തിലും അവിടുന്ന് വരുന്ന ആഘാതം ചിത്തത്തില് തട്ടി ചിത്തത്തിന് പ്രതിഭയിൽ പോയി തട്ടി പ്രതിഭയിലുള്ള വ്യക്തിത്വത്തിൽ തട്ടി പ്രത്യാഘാതമായിട്ട് വരും രണനം അനുരണനം ഉണ്ടായിക്കൊണ്ടേ ഇത് തന്നെയാണ് ജീവിതം അപ്പൊ ഫ്രീ വിൽ എന്നുള്ളത് തന്നെ ബന്ധകാരണമാണ് നേരെ മറിച്ച് ഈ വില്ല് എപ്പോ ഈശ്വരന ശരണാഗതി ചെയ്യപ്പെടുന്നു അന്തര്യാമിക്ക് ശരണാഗതി ചെയ്യപ്പെടുന്നു അതിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഈ വില്ല് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നു അപ്പോ ഇറ്റ് വിൽ ഫ്രീ യു അപ്പോ ആ വില്ലിന് കൃപ എന്ന് പേരും ആ വില്ല് എന്ത് ചെയ്യുന്നു വെച്ചാൽ പുറകെ നമ്മൾ ഓടില്ല ധർമ്മം പറയുന്ന വഴിയിലോടും മോക്ഷത്തിനായിട്ടോടും ഇന്ദ്രിയനിഗ്രഹത്തിനായിട്ട് ഓടും ശാസ്ത്രം പറയുന്ന വഴിയിൽ ജീവിക്കാനോടും ജപം ചെയ്യണം അനുഷ്ഠാനം ചെയ്യണം ഭക്തി ചെയ്യണം വൈരാഗ്യം വളർത്തണം ജ്ഞാനം വേണം സത്സംഗം വേണം എന്നൊക്കെ അപൂർവമായ ഒരു വിൽ പവർ ഉള്ളിൽ കടന്നുകൂടും ആവേശിക്കും എന്നിട്ട് ആ ജീവനെ തനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളതൊക്കെ വിൽ ചെയ്യിപ്പിക്കും അത് കൃപയാണ് പരീക്ഷയ്ക്ക് പഠിക്കണം പോലെ പരീക്ഷ പഠിക്കണ ആള് അയ്യോ എങ്ങനെയെങ്കിലും ഈ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി എന്നുള്ള മട്ടിലാണ് പഠിക്കണത് അത് ബോണ്ടേജാണ് ഇത് ഈശ്വര കൃപാശക്തി ഉള്ളിൽ പ്രവേശിച്ച് വില്ലായിട്ട് മാറുകയാണ് നമ്മൾ യാതൊന്നിനു ഇച്ഛാശക്തി എന്ന് പറയണോ ധൃതി എന്ന് പറയണോ ആ സ്ഥാനം അന്തർയാമയുടെ ഒരു ആവിർഭാവസ്ഥാനമായിട്ട് മാറുകയാണ് അത് ഇച്ഛാശക്തിയുടെ രൂപത്തിൽ ആവിർഭവിച്ചു കഴിയുമ്പോൾ ഈ ജീവന് എല്ലാ ശ്രേയസ് കൊടുക്കും മംഗളമോ അത് കൊടുക്കും അയാൾക്ക് ധർമ്മ അർത്ഥ കാമങ്ങളൊക്കെ കടന്ന് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് ജീവനെ തിരിച്ചുവിടുന്നതൊക്കെ ഇതാണ് അപ്പോ അവിടെ ആ സുഖം നേടിയെടുക്കാൻ ഇവൻ യോഗത്തിനെ ആശ്രയിക്കും ജ്ഞാന വൈരാഗ്യ ധ്യാന സമാധി ആരംഭേ അത്യന്ത ആയാസപൂർവകത്വ വിഷമിവ ദുഃഖാത്മകം ഭവതി പരിണാമേ ജ്ഞാനവൈരാഗ്യാതി പരിപാകജം സുഖം അമൃതോപമം സുഖം അഭ്യാസേ അഭ്യാസം കൊണ്ട് എങ്ങനെയുള്ള അഭ്യാസം എന്ന് വെച്ചാൽ ചിത്രത്തിനെയും മനസ്സിനെയും ഒക്കെ ആത്മാവിൽ അർപ്പണം ചെയ്ത് ധ്യാനം ചെയ്ത് സമാധിസുഖം അനുഭവിക്കാനുള്ള അഭ്യാസം ആ അഭ്യാസമാണ് ഇയാൾക്ക് അനുഗ്രഹം ചെയ്യണത് ദുഃഖാന്തം ചെ നികച്ചതി ദുഃഖത്തിന് ഒരന്തം വരുത്തുന്നു ആ സുഖം സാത്വികം എളുപ്പത്തിൽ കിട്ടുന്ന സുഖല്ല കണ്ണുകൊണ്ട് കണ്ടാൽ കിട്ടി ഒരു സിനിമ കണ്ടാൽ കിട്ടി ഒരു നാവിലെന്തെങ്കിലും ഇട്ടാ കിട്ടി ഇല്ല എന്ത് വേണമെങ്കിൽ തിന്നാം നല്ല സുഖം കണ്ണുകൊണ്ട് എന്ത് വേണമെങ്കിലും കാണാം ഇന്ദ്രിയങ്ങളെങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാം ഇത് സുഖമല്ല ഇത് ബോണ്ടേജാണ് ഇതിന്റെ പരിണാമം നമുക്ക് തന്നെ അറിയാം ഇതാണ് ഭഗവാൻ പറഞ്ഞത് പക്ഷെ ഈ സാത്വിക സുഖമുണ്ടല്ലോ ധർമ്മം പറയണതിനനുസരിച്ചിരിക്കുക ശാസ്ത്രം പറഞ്ഞ് വളരെ വിഷമാണ് യ്യവ പരി അമൃപമം സോ ആത്മബുദ്ധിപ്രസാദം യഷമ ആരംഭത്തിൽ വഷം പോലെ തുമെന്ന് വെച്ചാ ഇഷ്ടപ്പെടണില്ല ചെറിയ കുട്ടികൾക്ക് അച്ഛനമ്മമാരെ നിർബന്ധിച്ച് അമ്പലത്തിൽ പോകണം നാമം ജപിക്കണം ഗീത വായിക്കണം ഭാഗവതം വായിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദേഷ്യത്വം ഈ അച്ഛനും അമ്മേനും ഉപദ്രവിക്കുകയാണെന്ന് തോന്നും ഈ കുട്ടികൾ കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പോൾ പറയും ആ തന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരുന്നെങ്കിൽ തനിക്ക് കിട്ടാത്ത ഡിസിപ്ലിൻ ഈ അനുശാസനം കൊണ്ട് കിട്ടി ആ അച്ഛനെ അമ്മമാരെ ആ കുട്ടികൾ ദൈവം പോലെ ഇത് ഇന്നത്തെ കാലത്ത് ഒരു ഗവേഷണത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ശ്വാസിച്ചു വളർത്തിയ കുട്ടികൾ അച്ഛനമ്മമാര് ദൈവം പോലെ കുട്ടി എന്തു ചോദിച്ചാലും വാങ്ങിച്ചു എവിടെ വേണമെങ്കിലും കുട്ടി ഏത് സാധനവും വാങ്ങിച്ചു അച്ഛനും അമ്മയും ഓൾഡ് ഏജ് ഹോമിൽ തിരിഞ്ഞു നോക്കണില്ലേ ആ കുട്ടി എല്ലാ അമ്മ അച്ഛനും പറയണത് അവനെ ഞാൻ എങ്ങനെ വളർത്തി എത്ര വസ്തുക്കൾ കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ജീവൻ ഇവിടെ വരുമ്പോ അതിന് കൺട്രോളില്ല അതൊന്നു ചോദിക്കുകയാണ് എനിക്കൊരു ധർമ്മം എന്ന് പറയുന്നത് ഈ ധാരണാശക്തി ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹത്തിനൊന്ന് സഹായിക്കുകയെന്ന് ചോദിച്ചാൽ ഇയാൾ വീണ്ടും അതിനെ ചലിപ്പിച്ച് വികൽപ്പത്തിലേക്ക് തള്ളുമ്പോൾ അന്തർയാമി ശപിക്കും അതിന് ഇഷ്ടമല്ല പുറമേക്ക് സുഖം ആ എനിക്ക് കിട്ടി തുള്ളും കൂട്ടി പക്ഷെ ഉള്ളിലുള്ള ആൾ പറയും എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ എനിക്കിത് എനിക്ക് വേണ്ടത് ഇതല്ലോ ഐ വോണ്ട് ടു ബി ഫ്രീ ഓഫ് ഇറ്റ് കള്ളു കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കുന്ന പോലെയാണോ അയാൾ സന്തോഷിക്കും പക്ഷെ അത് അയാൾക്ക് നല്ലതല്ല അല്ലേ അയാൾക്ക് നല്ലതല്ല അത് അയാൾക്ക് തന്നെ നിങ്ങൾ അയാളെ ദൂഷിപ്പിക്കണമെന്ന് അറിയാം ഒരു സൈഡ് വേറെ ഒരു സൈഡ് അയാൾ നീയാണ് എനിക്ക് ഫ്രണ്ട് എന്ന് പറയും അവസാനം പക്ഷെ അയാൾക്ക് അതിന് രക്ഷപ്പെടാൻ വരാ പറ്റാതെ കഴിയുമ്പോൾ ഈ വാങ്ങിച്ചു കൊടുത്തവനെ അവൻ ശബിക്കുവോ അനുഗ്രഹിക്കോ വളരെ കോംപ്ലക്സാണത് ഒരേ ചെറിയ വിഷയം അപ്പോ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് ആരംഭത്തിലെ വിഷമാണ് വിഷമം ആണ് വിഷമാണ് പരിണാമത്തില് അത് അഭ്യാസം കൊണ്ട് പരിഭാഗം വന്ന് എല്ലാം സുഭദ്രമായിട്ട് തീർന്നു കഴിയുമ്പോൾ ഒരു സന്തോഷം അമൃത്തോപ്പമാണ് അങ്ങനെ അഭ്യാസം കൊണ്ട് പരിണാമത്തിൽ സുഖം കിട്ടണതുണ്ടല്ലോ അത് സാത്വികം പ്രോക്തം അതെന്ത് ചെയ്യും ആത്മ പ്രസാദജം ആത്മബുദ്ധി പ്രസാദം ആത്മബുദ്ധേ പ്രസാദ നൈർമ്മല സലിളവത്ത് സ്വച്ഛതാ നല്ല തെളിഞ്ഞ തീർത്ഥം പോലെ ചിത്രം ശുദ്ധമായി ആത്മനഹാബുദ്ധി ആത്മബുദ്ധി ആത്മവിചാരം ഉള്ളിലുണ്ടാവും ആത്മജ്ഞാനം ഉള്ളിലുണ്ടാവും തത് പ്രസാദ പ്രകർഷാത് വാചാതം അത് ഉള്ളിൽ പ്രസന്നമാവുമ്പോ ഉള്ളില് ആത്മബുദ്ധി ആത്മധ്യാനം ഉണ്ടാക്കുന്നത് സാത്വികമാണ് എന്ന് പറഞ്ഞു സുഖം ആത്മാവിലുള്ള സുഖമാണ് സാത്വികം ഉറങ്ങുമ്പോൾ ഒരു സുഖം ഉള്ളിൽ നിന്ന് വരണു അതെവിടുന്ന് വരുന്നു പുറത്തൊന്നും വന്നില്ലേ ആത്മാവ് വന്നത് ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ വന്നതല്ല സുഷുപ്തിയിൽ വന്ന സുഖം ആത്മാവിൽ നിന്ന് തന്നെ വന്നു സ്വരൂപത്തിൽ നിന്ന് തന്നെ വന്നു ആ സുഖം പുറത്തുനിന്ന് വരുന്ന സുഖമൊക്കെ നമ്മളെ കുറെ കഴിയുമ്പോൾ ഡള്ളക്കും മതിയും തോന്നും പക്ഷെ ഈ ഹൃദയത്തിലുള്ള സുഖം എത്ര കാലം അനുഭവിച്ചാലും ഇനിയും വേണം ഇനിയും വേണം തോന്നാം ഒരഭിമാനമില്ലാത്ത സുഖമാണത് ആ സുഖം നമുക്ക് നൈർമല്യതെ തരും ശാന്തിരും ആ സുഖമാണ് ഭഗവാൻ സാത്വിക സുഖം എന്ന് പറഞ്ഞു ഇനി രാജസം താമസം ഒക്കെ ഉണ്ട് നമുക്കത് നല്ല അനുഭവമുള്ള കാര്യമാണ് എന്നാലും നമ്മള് നാളെ തുടർന്ന് അത് പറയാം ഇനി കുറച്ചു വേഗം പോണം ഇനി മൂന്ന് ദിവസേ ഉള്ളൂ അവസാനത്തെ ചില ശ്ലോകങ്ങൾ വളരെ പ്രധാനമാണ് പക്ഷെ അതൊക്കെ നമ്മൾ വഴി വഴി പറഞ്ഞുകൊണ്ടേ വന്നിട്ടുണ്ട് നിാനമനന്ത പരമാകാശോണരിലോലമ പരമായാസം മാതാകാരമവന ഥമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം മൃത്സ്നത്സീഹേതിയശോദ താടനശൈശവസന്സം വ്യാവക്ലോകോക്കലോക്കോ ലോകത്രയ പുരമൂല ജ ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ടപരിപുവീരഘ്നം ക്ഷിതിഭാരഘ്നംഘ്നം കൈവലമുഹ്യസ്ഫുടേദോ വൃത്തിവിശേഷഭാസമനസം ണമത ഗോവിനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദോവിരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദോ മതി ത്മേ തോന്നം മിഞ്ചി അതിയേഷ്ടം ഗുരുമാം തഥൈ ം ആത്മനം രമണ